അഹദയനാഥനെ നീ അറിയണം പൊന്മുനോജ അഗമീയം കണ്ടറിയും ഹാക്കിമാണല്ലോ അകമീയം കണ്ടറിയും ഹാക്കിമാണല്ലോ തൗഹീതിൽ വന്നണഞ്ഞ് ശർക്കെല്ലാം നാം പിടിഞ്ഞ് തൗപ ചെയ്ത് മടങ്ങി മുക്തരായല്ലോ വീണ്ടും ശുർക്കിയിലാണെന്ന് ആരോ പറഞ്ഞു കേട്ടല്ലോ അഗമീയം കണ്ണടറിയും ഹാക്കിമാണല്ലോ അഗമീയം കണ്ണടറിയും ഹാക്കിമാണല്ലോ ശർക്കെല്ലാം നാം പെടിഞ്ഞ് മടങ്ങി മുക്തരായല്ലോ വീണ്ടും ശുർക്കിയിലാണെന്ന് ആരും പറഞ്ഞു കേട്ടല്ലോ ജിന്നും മലകുമെല്ലാം സൃഷ്ടിയെന്ന് പണ്ടേകും പണ്ടേ നമ്മൾ എഴുതിയതല്ലേ ജിന്നും മലകുമെല്ലാം ഭൗതിക സൃഷ്ടിയന്ന് പണ്ടേക്കും പണ്ടേ നമ്മൾ എഴുതിയതല്ലേ ഭൗതിക സൃഷ്ടിയെങ്കിൽ നമ്മാണിയിലുള്ളവർ തന്നെ പറഞ്ഞില്ലേമെന്ന് നമ്മാണിയിലുള്ളവർ തന്നെ പറഞ്ഞില്ലേ അറിയണം പൊൻപുനോജ അഗമീയം കണ്ടറിയും ഹാക്കിമാണല്ലോ അഗമീയം കണ്ടറിയിൽ ഹാക്കിമാണല്ലോ േടാമെന്നുള്ള വാദം വെള്ളം ചേർക്കാത്ത നുണയാ ചിലരെ പുറത്തെറിയാനുള്ള കേണിയ തേടാമെന്നുള്ള വാദം വെള്ളം ചേർക്കാത്തറിയാനുള്ള കേണിയ ഭൗതിക ഭൗതികമൻ വ്യത്യാസമില്ല തേടുന്ന തേട്ടമേതും ചെർക്ക് തന്നല്ലേ ഭൗതിക ഭൗതികമൻ തേടുന്ന തേട്ടമേതും ശുഖ് തന്നല്ലേ അഹതായ നാഥനേനെ അറിയണം പൊന്മുനനനോജ അഗമിയം കണ്ടറിയും ഹാക്കിമാണല്ലോ അഗമിയം കണ്ടറിയും ഹാക്കിമാണല്ലോ ൊല്ലേ തു ആയല്ലാത്തേട്ടം ശല്ലെന്നുള്ള കാര്യം ഇക്കാലം വരയും നാം ഒരുമിച്ചു ചൊല്ലിലേ ശരിയാണ് പിന്നെ ഈ ഫിത്തിന കുത്തിപ്പൊക്കി സലഫികളെ തമ്മിലടിപ്പി ചുരസിച്ചു ശരിയാണ് പിന്നെ ചിലർ ഈ ഫിത്തിന കുത്തിപ്പൊക്കി സലഫികളെ തമ്മിലടിപ്പി ചുരസിച്ചു പുഴയിലും വേണ്ട കരയിലും വേണ്ട വിജനപ്രദേശത്തൊട്ടും വേണ്ടല്ലോ എവിടെയും അല്ല മാത്രം നമുക്ക് മതിയല്ലോ പുഴയിലും ചിന്നു വേണ്ട കരയിലും ചിന്നു വേണ്ട വിജനപ്രദേശത്തൊട്ടും ചിന്നു വേണ്ടല്ലോ രവിടെയും അല്ല മാത്രം നമുക്ക് മതിയല്ലോ പുഴയിലും ചിന്നുവേണ്ട കരയിലും ജിന്നു വേണ്ട വിജനപ്രദേശത്തൊട്ടും ചിന്നു വേണ്ടല്ലോ എവിടെയും അന്ന മാത്രം നമുക്ക് മതിയല്ലോ